സത്യസന്ധരായവർക്ക് അവരുടെ സത്യസന്ധതയ്ക്ക് അള്ളാഹു സുബഹാനുഹൂവറ്റ ആല പ്രതിഫലം നൽകുന്നതിനും കപടവിശ്വാസികളെ അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ശിക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ അവരെ അവൻ പൊറുക്കുന്നതിനോ വേണ്ടിയാണിത് തീർച്ചയായും അള്ളാഹു സുബാനുഹൂവറ്റ ആല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്